വ്യഭിചരിക്കുന്ന സ്ത്രീക്കും പുരുഷനും നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുകയും അന്ത്യദിനത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ദീനിൽ അവരോട് കരുണ കാണിക്കാതെ അവരിൽ ഓരോരുത്തർക്കും നൂറു വീതം ചാട്ടവാറടി നൽകുക വിശ്വാസികളിൽ ഒരു സംഘം അവരുടെ ശിക്ഷയ്ക്ക് സാക്ഷിയാവുകയും ചെയ്യട്ടെ